15 <mimera> മരണസമയം <coughs> ഈ ശരീരം വിട്ട് ആ ജീവൻ ബ്രഹ്മലോകത്തിലേക്ക് പോ പോകുന്നതിന് വേണ്ടി ഉപാസകൻ മാർഗത്തെ ഉത്തരായണ മാർഗം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനോട് ഞാൻ അടുത്ത മന്ത്രം ഹിരൺമയേന പാത്രേണ് മുഖം തത്വം പോഷൻ അപാവർണവും സത്യധർമായ ദൃഷ്ടേ ഹിരൺമയ പാത്രേണ സത്യസം മുഖം തത് ം രണ്ടു പദങ്ങളാണ് തവന്നെ തത് നിർണോ സത്യധർമായ ഹിരൺമയ പാത്രേണ സത്യതോഷൻ അപാവർ സത്യധർമായ ദ്രഷ്ടേ അതിന്റെ ഭാഷ്യം ഹിരൺമയം ഇവ ഹിരൺമയം ജ്യോതിർമയം ഇത്യേത് ഹിരൺമയം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പറഞ്ഞു ഹിരൺമയം പോലെ എന്നുവെച്ചാൽ ജ്യോതിർമയമായിരിക്കുന്നു തേജോമയമായിരിക്കുന്നു എന്നർത്ഥം തേന പാത്രേന ഇവ അങ്ങനെയുള്ള പാത്രം പോലെ സ്വർണമയമായ ഒരു പാത്രം പോലെ പ്രകാശമയമായ ഒരു പാത്രം പോലെ ബഹിരൺമയം എന്നുള്ളൊണ്ട് തേജോമയമായ പ്രകാശം പൂർണ്ണമായൊരു പാത്രം പോലെ പാത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അഭിധാന ഭൂതേന്ന പാത്രം എന്ന് അടപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് പാത്രത്തിന്റെ മൂടി പാത്രം മൂടുന്നതിന് ഉപയോഗിക്കുന്ന അടപ്പ് മൂടി അതിനാണ് ഇവിടെ പാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജ്യോതിർമയമായ ഒരു അടപ്പുണ്ട് എന്നർത്ഥം പ്രകാശപുരിതമായ ഒരു മൂടിയുണ്ട് സത്യസ്യവ സത്യത്തിന്റെ സത്യം എന്ന് പറയുന്നത് എന്താണ് ആദിത്യ മണ്ഡലസ്ഥ സ്ഥിതി ചെയ്യുന്നവനായ ബ്രഹ്മംഭൻ ഹിരണ്യഗർഭന്റെ സ്ഥാനം ആദിത്യമണ്ഡലമാണ് എന്ന് ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും എല്ലാം പറയുന്നുണ്ട് ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ബ്രഹ്മണ ഹിരണ്യഗർഭന്റെ മുഖം ദ്വാരം അഭിഹിതം ആച്ഛാദിതം മുഖം എന്ന് വെച്ച ആ മാർഗത്തെ അങ്ങോട്ട് കിടക്കുന്നതിനുള്ള ആ മാർഗത്തെ മുഖം എന്ന് വെച്ചാലൂടെ ദ്വാരം വഴി അത് അപിഹിതം ആച്ഛാദിതം മറയ്ക്കപ്പെട്ടിരിക്കുന്നു ആദിത്യമണ്ഡലസ്ഥനായിരിക്കുന്ന ആ ഹിരണ്യഗർഭനെ സമീപിക്കുന്നതിനുള്ള മാർഗം ജ്യോതിർമയമായ ഒരു അടപ്പുകൊണ്ട് അത് അടച്ചിരിക്കുകയാണ് സൂര്യമണ്ഡലത്തിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല കാരണം കണ്ണ് ചിമ്മിപ്പോകും അതിന്റെ തേജസ്സുണ്ട് അപ്പൊ അത് സത്യത്തിന്റെ ഉപാധിയാണ് സത്യത്തെ ദർശിക്കുന്നതിന് അതിന്റെ തേജസ് നമ്മെ അനുവദിക്കുന്നില്ല എന്നാണ് തിൻ്റേക്ക് കടക്കുന്നതിന് അതിന്റെ തേജസ് തന്നെ ഇവിടെ ഉപാസകനെ അനുവദിക്കുന്നില്ല കാരണം അതത്രെയും മഹത്വമുള്ളതാണ് ഉപാസകന് അതിനെ സമീപിക്കുന്നതിനുള്ള ശക്തി പോലെ അയാളുടെ കാഴ്ചശക്തി അതിനെ കാണുന്നതിന് അപര്യാപ്തമാണ് അത്രയും തേജസ്സുള്ളതാണ് തത്വം മന്ത്രത്തിൽ വരുന്നു തത്വം രണ്ട് പദമാണ് തത്വർണോ ത്വം എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ എന്ന് പറയുന്നത് സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിരണ്യഗർഭനയാണ് പൂഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുകയാണ് അല്ലയോ ബ്രഹ്മൻ ആ നിന്നു നിന്നെ സമീപിക്കുന്നതിനുള്ള ആ തടസ്സത്തെ നീമാറ്റൂ അപസാരയ എന്തിന് സത്യ ഉപാസന സത്യം ധർമ്മോ യസ്യ ഞാൻ ഇതുവരെ സത്യത്തെയാണ് ഉപാസിച്ചത് സത്യം എന്ന് പറയുന്നത് ഹിരണ്യഗർഭം വാ ഷണ്യഗർഭരൂപത്തിലുള്ള സത്യത്തെയാണ് ഞാൻ ഉപാസിച്ചത് അതുകൊണ്ടെന്തായാലും സത്യം ധർമ്മ സത്യം തന്നെ ധർമ്മമായി തീർന്ന സോഹം സത്യധർമ്മ അങ്ങനെയുള്ളവനാണ് ഈ സത്യധർമ്മം സത്യത്തെ തന്നെ ഉപാ എന്റെ ധർമ്മം തന്നെ സത്യമായി മാറി തസ്മൈ മഹ്യം അങ്ങനെയുള്ള എനിക്ക് ദർശിക്കുന്നതിന് വേണ്ടി എന്നാണ് സത്യധർമായെന്നുള്ളതിനെ വ്യാഖ്യാനിച്ചു സത്യം ധർമ്മമായിരിക്കുന്ന എനിക്ക് നിന്റെ ദർശനം ഉണ്ടാകുന്നതിന് വേണ്ടി ആ തടസ്സത്തെ മാറ്റി തരൂ എന്നാണ് അങ്ങനെ എന്നെ വ്യാഖ്യാനിക്കും മറിച്ചും വ്യാഖ്യാനിക്കാം അഥവാ യഥാഭൂത ധർമ്മസ് അനുഷ്ഠാത്രേ സത്യം എന്നുവെച്ചാൽ യഥാഭൂതം യഥാഭൂതമായ ധർമ്മം അനുഷ്ഠാതാവ് ആ ധർമ്മത്തിൻ്റെ അനുഷ്ഠാതാവ് ദൃഷ്ട സത്യധർമ്മസ് എന്നുവെച്ചാൽ അതിന് വ്യാഖ്യാനിക്കുന്നു തവ സത്യാത്മനഹ ഉപലബ്ധി സത്യാത്മാവായ അങ്ങയുടെ ഉപലബ്ധിക്ക് സാക്ഷാത്കാരത്തിന് വേണ്ടി അതായത് സത്യസ്വരൂപത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അങ്ങയുടെ ആ സത്യസ്വരൂപത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സത്യം തന്നെ ധർമ്മമായിരിക്കുന്ന എനിക്ക് അങ്ങേ കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങയുടെ ആ സത്യസ്വരൂപത്തിന്റെ ഉപലബ്ധിക്ക് വേണ്ടി രണ്ടു തരത്തിലും പറയാം അപ്പോൾ ആ സത്യത്തിന്റെ തേജസ് തന്നെ സത്യത്തിനെ ചുള്ള വഴിയെ തടഞ്ഞിരിക്കുന്നു കാരണം ആ തേജസ്സിനെ എന്റെ ശക്തി കൊണ്ട് മാറ്റാനായി കഴിയുന്നില്ല അപ്പോൾ സത്യം അതടുക്കാൻ പ്രയാസമുള്ളതാണ് അതിനെ അന്വേഷിക്കുന്നവന്റെ ശേഷി ആ സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് പര്യാപ്തമല്ല അതുകൊണ്ട് അങ്ങ് തന്നെ അതിനുള്ള ആ തേജസ്സിനെ മാറ്റി ആ സത്യത്തിലേക്ക് എന്നെ അടുപ്പിക്കണം എന്ന് ഉപാസകൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആ സത്യത്തിനേക്ക് അടുക്കുന്നതിന് ആ സത്യത്തിൻ്റെ തന്നെ അനുഗ്രഹം കൂടിയേ തീരൂ സ്വന്തം കഴിവുകൊണ്ട് തൻ്റെ കഴിവിനെ മാത്രം ആശ്രയിച്ച് അതിനെ സമീപിക്കാൻ ഒക്കത്തില്ല കാരണം ആ സത്യം അത്രയും തേജസ്സുള്ളതാണ് അതിനെ സമീപിക്കുന്നതിനുള്ള യോഗ്യത സാധകന് സ്വയം ആർജിക്കാൻ കഴിയത്തില്ല ആ സത്യത്തിന്റെ അനുഗ്രഹം കൂടാതെ അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ താനതിനെ കാണുന്നുണ്ട് പക്ഷെ അതിനെ സമീപിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിനൊരു പ്രതീകമായിട്ട് ഇവിടെ സൂര്യനെ പറഞ്ഞിരിക്കും സൂര്യനെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ സമീപിക്കാൻ കഴിയുന്നു കാരണം അവന് അതിന്റെ തേജസ് അതിനെ കാണുന്ന കണ്ണിനെക്കാളും വളരെ ശക്തി ഉള്ളതാണ് അതുകൊണ്ട് കണ്ണുകൊണ്ട് അവന് കൂടുതൽ അടുത്ത് കാണാൻ കഴിയുന്നില്ല കണ്ണിനൊണ്ട് തേജസ് സൂര്യനിലോണ്ട് തേജസ് കണ്ണിന്റെ തേജസ്സുകൊണ്ട് സൂര്യനെ കാണാനേ കഴിയുന്നുള്ളൂ സമീപിക്കാൻ കഴിയുന്നില്ല അതുതന്നെയാണ് ഈ സത്യസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെയും അതിനെ സമീപിക്കുന്നതിനുള്ള ശക്തി ഈ സാധകന് പോരാ അതിനായി ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായാലേ കഴിയൂ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വിശേഷിച്ച് വൈദികമായ രീതിയിൽ ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ സാധകൻ മരണസമയത്ത് ആ മാർഗം വ്യക്തമാകുന്നതിന് വേണ്ടി തന്റെ ഉപാസ്യദേവനായ ഹിരണ്യഗർഭനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അതിന്റെ അർത്ഥം പറയാം സത്യസ്യ ഹിരണ്യഗർഭന്റെ മുഖം പ്രാപ്തിക്കുള്ള വഴി ഹിരൺമയേന പാത്രേണ ജ്യോതിർമയമായ ഒരു മൂടിയാൽ അപിഹിതം അടയ്ക്കപ്പെട്ടിരിക്കുന്നു അല്ലയോ ബ്രഹ്മൻ തദ്ദേ ആ മൊടി ത്തും സത്യധർമ്മനായ ഉപാസകനായ എനിക്ക് ദൃഷ്ടയെ അങ്ങേ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അപാവർണു മാറ്റു പൂഷൻ ഏകർഷേ യമ സൂര്യ താജാവ്യൂഹ ചീൻ സമൂഹ തേജ കല്യാണതമം തത് പശ്യമി യു പുരുഷ സഹം അസ്മ പൂഷണ്േകർഷേ യമസൂര്യപ്രജപത്തെ വ്യൂഹരശ്മിൻസമൂഹ തേജോയത് यति കല്യാണതമം തേ പശ്യാ യോ അസാവസോ पुरुषः സോഹമസ് ഇതും ആ പ്രാർത്ഥനയാണ് ഹിരണ്ഗർഭനോട് പ്രാർത്ഥിക്കുകയാണ് ഹേ പൂഷൻ അവിടെ സൂര്യനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും നമ്മൾ ആകാശത്ത് കാണുന്ന സ്ഥൂലസൂര്യനല്ല ആ സൂര്യന് ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നു സൂര്യൻ എന്ന് പറയുമ്പോൾ അത് തേജസ്സിന്റെ പ്രതീകമാണ് അപ്പോൾ തേജസ്സിനെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന പരമാത്മ പ്രാർത്ഥിക്കുന്നത് ഹിരണ്യഗർഭൻ എന്നുള്ള സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുകയാണ് അത് ചൈതന്യസ്വരൂപമാണ് സൂര്യൻ തേജോ രൂപമാണ് രണ്ടും പ്രകാശസ്വരൂപമുള്ളതാണ് അതുകൊണ്ട് ചൈതന്യ സ്വരൂപനായ പരമാത്മാവിനും തേജസ്വരൂപനായ സൂര്യനെ ഒരുപാധിയായി സ്വീകരിച്ചിരിക്കുന്നു പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഹേ പൂഷൻ അന്ന് വ്യാഖ്യാനിക്കുന്നു പൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജഗത പോഷണ രവിഷിപ്പിക്കുന്നത് കൊണ്ട് പോഷൻ എന്ന് പറയുന്നു പോഷണ എന്നാണ് ജഗത ജഗത്തിനെ പോഷിപ്പിക്കുന്നതുകൊണ്ട് സൂര്യനാണ് ജഗത്തിനെ പോഷിപ്പിക്കുന്നത് സൂര്യന്റെ ഊർജം കൊണ്ടാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് ജഗത പോഷണ പോഷ ജഗത്തിനെ പോഷിപ്പിക്കുന്നതുകൊണ്ട് പൂഷ എന്ന പേര് വന്നു സൂര്യന് രവി സൂര്യനാണ് എന്നർത്ഥം ഹേ പോഷൻ അടുത്ത ഏകർഷി അതിനു വ്യാഖ്യാനിക്കുന്നു തഥാ ഏക ഏവ ഋഷധി ഗച്ഛതിഷി ഏക ഏവ ഋഷതി ഏകനായി തന്നെ ഋഷധി ഗച്ഛടി ആകാശമണ്ഡലത്തിൽ സൂര്യൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ് ആണ് ഏകർഷി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവൻ ഏകർഷി അപ്പോൾ ഈ വിശേഷണങ്ങളെല്ലാം പരമാത്മാവിന് യോജിക്കുന്നതാണ് ഈ ജഗത്തിനെ പോഷിപ്പിക്കുന്നത് പരമാത്മാവാണ് ആ പരമാത്മാവ് ഏകനാണ് ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ തൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സൂര്യന്റെ വിശേഷണമായി വരുന്നത് വാസ്തു പരമാത്മാവിൻ്റെ വിശദീകരണങ്ങളാണ് ഹേ ഏകർഷി അല്ലേ യോ ഏകനായി തന്നെ സഞ്ചരിക്കുന്നവനെ ഇവിടെ ഋഷത്തി ഋഷി ധാതു ഗതി സഞ്ചരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് സർവത്തെയും സംയമനം ചെയ്യുക നിയന്ത്രിക്കുക അതുകൊണ്ട് യമൻ എന്ന് പേര് സൂര്യന് സർവത്തെയും സംയമനം ചെയ്യുന്നു സൂര്യനാണ് കാലത്തെ കാലത്തിലൂടെ പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കാലത്തെ നിയന്ത്രിച്ചുകൊണ്ട് അഹോരാത്രാദികളെ തുടർന്ന് വരുന്ന കാലത്തെ ഋതുക്കളെല്ലാം സൂര്യന്റെ നിയന്ത്രണത്തിലാണതല്ല അതുകൊണ്ട് പ്രപഞ്ചത്തെ സർവവും സംയമനം ചെയ്യുന്നത് സൂര്യനാണെന്ന് പറയാം ഈശ്വരനും ആണത് മുഖ്യമായി യോജിക്കുന്നത് യമഹ ഹേ യമ സംബോധനകളാണ് ഹേ പൂഷൻ സംഭവം ചെയ്യുകയാണ് അടുത്ത സൂര്യ ശബ്ദം വ്യാഖ്യാനിക്കുന്നത് സ്വീകരിക്കുന്നവൻ ആണ് സൂര്യൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം സൂര്യൻ സ്വീകരിക്കുന്നവൻ എന്തിനാ സ്വീകരിക്കുന്നു രശ്മീനാം രശ്മികളെ രശ്മി എന്ന് പറയുന്നത് പ്രാണങ്ങളെ പ്രാണങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നറു ഇന്ദ്രിയങ്ങളെല്ലാം സ്വീകരിക്കുന്ന സൂര്യനാണ് അതും ഉപനിഷത്തിൽ കുറയുന്നുണ്ട് സൂര്യൻ ഊദിക്കുമ്പോൾ സൂര്യന്റെ രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നു അപ്പോൾ ജീവന്മാരുടെ ഇന്ദ്രിയം ഇന്ദ്രിയങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു പ്രധാനമായിട്ടും ചക്ഷിരിന്ദ്രിയത്തിൽ വ്യാപിച്ചിട്ട് ചക്ഷിരേന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കുന്നു കണ്ണിൽ പ്രകാശം വരുമ്പോഴേ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു അപ്പോൾ കണ്ണിൽ പതിക്കുന്ന പ്രകാശം ആ ചക്ഷുരേന്ദ്രിയത്തിൽ വ്യാപിക്കുന്നു അതാണ് സൂര്യൻ ഇന്ദ്രിയങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു എന്ന് വെച്ചാൽ സൂര്യ പ്രകാശം ചക്ഷുരേന്ദ്രിയത്തിന്റെ ആ ഉൾക്കൊള്ളുന്നു അപ്പോൾ അത് കൂടി ചേർന്നിട്ടാണ് പിന്നീട് പ്രവർത്തിച്ച് കാണുന്നത് അത് ഉപനിഷത്ത് തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ പ്രാണന്മാരെ അതായത് ഇന്ദ്രിയങ്ങളെ സ്വീകരിക്കുന്നു ഇന്ദ്രിയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് സൂര്യകിരണങ്ങളാണ് തഥാ രശ്മീനാം രശ്മി എന്ന് പ്രാണൻ പ്രാണൻ എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങൾ പിന്നെ രസാനാം രസങ്ങളെല്ലാം സ്വീകരിക്കുന്നത് സൂര്യനാണ് അത് പ്രസിദ്ധമാണ് എല്ലാ രസങ്ങളെയും സമുദ്രത്തിലെ ജലം ഉൾപ്പെടെയുള്ള എല്ലാ രസങ്ങളെയും സൂര്യൻ സ്വീകരിക്കുന്നു സൂര്യന്റെ ചൂട് കൊണ്ട് അത് ബാഷ്പമായും മുകളിലേക്ക് പോകുന്നു എന്നാണ് അപ്പോൾ എല്ലാ രസങ്ങളും രസരൂപത്തിലുള്ള എന്തിനേയും സൂര്യനെന്ത് ചെയ്യുന്നു ബാഷ്പീകരിക്കുന്നു അങ്ങനെ സൂര്യനെ സ്വീകരിക്കുന്നു പറയും അതുപോലെ ബാഷ്പീകരിച്ച വസ്തുക്കൾ ഉയർന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സൂര്യനിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം സൂര്യനതിനെ തന്നിലേക്ക് സ്വീകരിക്കുകയാണ് അതെ രശ്മികൾ ഉപയോഗിച്ച് ആ ജലത്തെ ബാഷ്പീകരിച്ച് തന്നിലേക്ക് എടുക്കുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്നു രസാനാം സ്വീകരണം രസങ്ങളെല്ലാം സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ ഇന്ദ്രിയങ്ങളെയും രസങ്ങളെയും എല്ലാം സ്വീകരിക്കുന്നു അതുകൊണ്ട് സൂര്യൻ എന്നുള്ള പേര് വന്നു ഹേ സൂര്യ അത് സംബോധനയാണ് ഹേ സൂര്യ അടുത്ത് വരുന്നു ഹേ പ്രാജാപത്യ പ്രജാപതേരപത്യം പ്രാജാപത്യഹ പ്രജാപതിയുടെ അപത്യമാണ് സന്താനമാണ് സൂര്യൻ എന്ന് പറയുന്നു അതും ഉപനിഷത്തിൽ പറയുന്നുണ്ട് ആ സൃഷ്ടിയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രജാകാമനായിരിക്കുന്ന ആ പ്രജാപതി തപസ് ചെയ്തു ആ തപസ്സിന്റെ ഫലമായി സൂര്യനും ചന്ദ്രനും ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ പ്രജാപതി എന്ന് പറഞ്ഞ ഇവിടെ ഹിരണ്യ അർത്ഥന അത് അങ്ങനെ സൃഷ്ടിച്ചതാണ് സൂര്യചന്ദ്രന്മാരെ ആ തേജസ്സിനെ എന്നാണ് അപ്പൊ അതിനെ സൃഷ്ടിച്ച് സ്വയം താൻ തന്നെ അതിനെ തന്നെ മാറ്റി എന്നാണ് താൻ സൃഷ്ടിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവിന് ആ ഹരണി ഗർഭൻ തന്റെ തന്നെ ഉപാധിയായി മാറ്റി അതുകൊണ്ട് പ്രജാപതിയുടെ സന്താനം പ്രാജാപത്യൻ പ്രജാപതി സംബോധനകളാണ് പൂഷൻ ഏകർഷി യമ സൂര്യ പ്രാജാപത്യ ഈ സംബോധനയെല്ലാം ഈ ആകാശമണ്ഡലത്തിൽ കാണുന്ന സൂര്യന് യോജിക്കും ആ സൂര്യനാകുന്ന ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്ന ഭിരണ്ഗർഭനെ യോജിക്കുന്നു പ്രജാപത്യൻ പ്രജാപതിയുടെ സന്താനമാണ് അപ്പൊ പ്രജാപതിയുടെ സന്താനം എന്ന് പറയുന്ന വിശേഷണവും അത് യോജിക്കുന്നു കാരണം ആ പ്രജാപതി തന്നെ ആദിത്യനാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ പ്രാജാപത്യൻ എന്ന് വിളിക്കുന്നത് അതും അതിന് ചോദിക്കുന്നുണ്ട് ഹേ പ്രാജാപത്യ വ്യൂഹരശ്മീൻ അടുത്ത അതിനെയാണ് പറയുന്നത് വ്യൂഹ വിഗമയ രശ്മീൻ സ്വാൻ വിഗമറ്റു എന്നാണ് എന്റെ രശ്മികളെ മാറ്റു എന്നുവെച്ചാൽ സൂര്യനിലേക്ക് നമ്മൾ നഗ്ന കൊണ്ട് നോക്കുമ്പോൾ ആ സൂര്യനെ കാണാൻ കഴിയുന്നില്ല അതിന്റെ തേജസ്സിന്റെ ആധിക്യം കൊണ്ട് കണ്ണിനെ താങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ ആ തേജസ്സിനെ അതൊന്നും മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ രൂപത്തെനിക്ക് കാണാൻ കഴിയും എന്ന ആ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഹിരണ്യഗർഭനെ സാക്ഷാത്കരിക്കുന്നതിനും കഴിയുന്നില്ല കാരണം അതിന്റെ തേജസ് അത്രയും ശക്തമാണ് അതിനെ സ്വീകരിക്കുന്നതിന് താങ്ങുന്നതിന് സാധകന് ശക്തി പോരാ അതുകൊണ്ട് പറയുന്നതെന്താണ് അതിനെ നീ മാറ്റൂ രശ്മി ഇതെല്ലാം വളരെ പലതരത്തിലത് വ്യാഖ്യാനിക്കാവുന്ന ഭാഗങ്ങളാണ് സ്വാൻ തന്റെ ആ രശ്മികളെ മാറ്റൂ സമൂഹ തേജ സമൂഹ എന്ന് പറയുന്നത് അടുത്ത പാദത്തിൽ വരുന്ന തേജസ്സിനോടുകൂടി അന്വേഷിക്കണം സമൂഹ തേജ സമൂഹ സമൂഹ ഏകീഗുരു ഉപസംഹര തേജ താപകം ജ്യോതി ഉപസംഹര തേ തേജ താപകം ജ്യോതി സമൂഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഏകീഗുരു എന്ന് പറഞ്ഞ ഉപസംഹരിക്കൂ ആ നിന്നിലേക്ക് തന്നെ അത് എന്നെ പിൻവലിക്കൂ ഏതാണ് നിന്റെ താപകം തപിപ്പിക്കുന്ന ജ്യോതിഷി ആ തേജസ്സിനെ എന്നെ തപിപ്പിക്കുന്നതായ നിന്റെ ആ തേജസ് അതിനെ നിന്നിലേക്ക് തന്നെ ഉപസംഹരിക്കൂ എന്നാലേ എനിക്ക് നിന്നെ സാക്ഷാത്കരിക്കാൻ കഴിയത്തുള്ളൂ എന്നർത്ഥം അവ തന്റെ ഉപാസ്യ ദേവനെ സാക്ഷാത്കരിക്കുന്നതിന് കാരണം ഈശ്വരൻ സർവശക്തനും സർവജ്ഞനും സൃഷ്ടിസ്ഥിതി കർത്താവുമായിരിക്കുന്ന ഈശ്വരന് ഈ അല്പജ്ഞനായിരിക്കുന്ന പരിച്ഛിന്നനായിരിക്കുന്ന ജീവൻ എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും രണ്ടും രണ്ട് വിരുദ്ധ സ്വഭാവത്തോടുകൂടിയിരിക്കുകയാണ് അപ്പോൾ അല്പജ്ഞനായ ഒരുവൻ എങ്ങനെ സർവജ്ഞനെ സാക്ഷാത്കരിക്കാൻ പറ്റും അത് സാധ്യമേ കാരണം സാക്ഷാത്കരിക്കുകയല്ല സമീപിക്കാൻ കൂടി സാധ്യമല്ല ആ ഈശ്വര ദൈതന്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജീവന്റെ അവസ്ഥയെന്ന് പറയുന്ന വളരെ തുച്ഛവും നിസാരവുമാണ് അങ്ങനെയുള്ള ഒന്നിന് ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ എങ്ങനെ കഴിയും കഴിയത്തില്ല ആഗ്രഹിച്ചാലും കഴിയത്തില്ല അതുകൊണ്ടിവിടെ എന്ത് ചെയ്യുന്നു സാധകൻ പ്രാർത്ഥിക്കുകയാണ് അതിന് ഇന്റെ അനുഗ്രഹം തന്നെ വേണം നിന്റെ തേജസ്സിനെ ഒഴിവാക്കി എനിക്ക് സാക്ഷാത്കരിക്കാൻ പാകത്തിൽ നിന്നെ മാറ്റുക എന്നാലും സാക്ഷാത്കരിക്കാൻ പറ്റും എന്നുവെച്ചാൽ ഈശ്വരനെ അതിന്റെ പൂർണതയിൽ ഉൾക്കൊള്ളുന്നതിന് ഒരു ജീവഭാവത്തിന് സാധ്യമേ അല്ല ഒരിക്കലും ഒരു ജീവനും ഈശ്വരനതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ അതിന്റെ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈശ്വരനെക്കുറിച്ച് വിഭിന്നങ്ങളായ ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിലനിൽക്കുന്നു അതിൻ്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അത് പൂർണമാണെന്നറിയാം പക്ഷേ ആ പൂർണ്ണതയെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല പിന്നെ എന്താണോ ദൂരെ നിന്നുകൊണ്ട് അതിന് വിശദീകരിക്കാനേ പറ്റും സ്വാഭാവികമായിട്ടും ആ വിശദീകരണങ്ങളെല്ലാം അതിൻ്റെ ഭാഗികമായ വീക്ഷണങ്ങളായിരിക്കും അപ്പോൾ അതിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ പറയുന്നത് ദർശനങ്ങളെന്ന് ദ്വൈതം അദ്വൈതം നിഷ്ട്ര എന്താണ് ഈശ്വരനെ കുറിച്ചുള്ള ഭാഗികമായ കാഴ്ചപ്പാടുകളാണ് പൂർണമായും സാക്ഷാത്രിക്കാൻ സാധ്യമല്ല കാരണം അതിനെക്കുറിച്ച് കാണുന്നവനും പറയുന്നവനും എല്ലാം എവിടെയിരിക്കുന്നു ആ ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് അതിന്റെ പൂർണ്ണതയെ ഒരിക്കലും ജീവന്റെ സാക്ഷാത്കാരത്തിന് അതൊരിക്കലും ഇതാകുന്നില്ല ത്രിപാദസ്യ അമൃതം ദേവി എന്നതിനെ കുറിച്ച് പറയുന്നു അതിന്റെ പൂർണ്ണത എപ്പോഴും എന്താണ് അതിന്റെ മൂന്ന് പാദങ്ങളും പരിശുദ്ധമായി പൂർണ്ണമായി അങ് ഉപരി നിൽക്കുന്നു എന്നാണ് ലോകത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് അപ്പൊ ഈ ഭൂലോകത്ത് കഴിയുന്ന ജീവൻ എങ്ങനെ ഈശ്വരനെ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിയും ഒരിക്കലും സാധ്യമല്ല ഭാഗികമായി കഴിയും അദ്വൈത സിദ്ധാന്തത്തിൽ പോലും അങ്ങനെ പറയുന്നുണ്ട് ആ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എപ്പോഴും സ്വാഭാവികമായി പറ്റും അദ്വൈതികത ഭാഷയിൽ പറയുന്നു നിരുപാധികമായ സാക്ഷാത്കാരം അങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും ഒരു ഉപാധിയോടുകൂടി മാത്രമേ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റൂ അപ്പം അതിനുള്ള ഉപാധി എന്താണ് പറയുന്നത് അങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ച് ചിന്തിച്ചിരുന്നു പറയുന്നത് അതിസൂക്ഷ്മമായിരിക്കുന്ന അന്തക്കരണകൃത്തിയാണ് അതിനാണ് നമ്മുടെ തത്വജ്ഞാനവും പറയുന്നത് അപ്പം ജ്ഞാനം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് ആ ഞാൻ എത്ര മഹത്വം ആയതായാലും ശരി അത് ജീവന്റെ കയ്യിലിരിക്കുന്ന ഒരുപകരണമാണ് ആ ഞാൻ ജീവന്റെ ഒരു ജീവന്റെ കൈയിലിരിക്കുന്ന ഒരു ഉപായമാണത് ശാസ്ത്രത്തിന് അതിന് അഖണ്ഡാകാര വൃത്തി ചരമവൃത്തി എന്നെല്ലാം പറയുന്നു അങ്ങനെ ഒരു ആ ഉപാധി എന്ന് പറയുന്നതും ഈശ്വര സൃഷ്ടമായ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണ് ഈശ്വര സൃഷ്ടമായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരംശമാണെങ്കിലും അത് പരിച്ഛിന്നവും പരിമിതവുമായിരിക്കും അതിലൂടെ ഈശ്വരനെ അറിയുക എന്ന് പറയുമ്പോൾ അത് ഈശ്വരന്റെ നിരുപാധികമായ സ്വരൂപത്തെ ആയിരിക്കില്ല അറിയുന്നത് സ്വാഭാവികമായ സ്വരൂപത്തെ ആയിരിക്കും അറിയുന്നത് അതുകൊണ്ട് ഈശ്വരനെ അതിൻ്റെ പൂർണതയിലാരും സാക്ഷാത്കരിക്കത്തില്ല സാക്ഷാത്കരിക്കാൻ ജീവന് സാധ്യമാകും ബ്രഹ്മസൂത്രത്തിന്റെ ശങ്കരഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു വാചസ്പതി മിശ്രൻ അദ്ദേഹം ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഈശ്വരൻ അതിന്റെ പൂർണതയിൽ ആരെങ്കിലും സാക്ഷാത്കരിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് അവിടെ സമർത്ഥിക്കുന്നത് അതാണ് ഇവിടെയും ഇവിടുത്തെ പ്രാർത്ഥനയും അത് തന്നെയാണ് കാരണം അതിന്റെ തേജസ്സിനെ എങ്ങനെ ഒരു ജീവൻ താങ്ങാൻ പറ്റും സൂര്യൻ്റെ അടുത്തേക്ക് പോയി ഈ കണ്ണുകൊണ്ട് സൂര്യന്റെ അടുത്ത് നിന്ന് എങ്ങനെ സൂര്യനെ കാണാൻ പറ്റും വളരെ ദൂരെ നിന്നിട്ട് തന്നെ ചെറിയൊരു കാഴ്ച കിട്ടുന്നത് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ണും ഇല്ലാതെയാവും കണ്ണിന് അത് താങ്ങുന്നതിന് ശക്തിയില്ല അപ്പം അല്പഞ്ജനായിരിക്കുന്ന പരിച്ഛിന്നനായിരിക്കുന്ന ഈശ്വരന് അപരിച്ഛിന്നമായൊരു ചൈതന്യത്തെ എങ്ങനെ അതിന്റെ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കാൻ പറ്റും സാധ്യമല്ല എന്ന അത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പിന്നെ കഴിയുന്നത്ര അടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് അതിനെ അനുരോചനീയം അനുഭവാതീതം എന്നെല്ലാം വർണ്ണിക്കുന്നത് അതുകൊണ്ടാണ് അനുഭവം എന്നെല്ലാം പറയുന്നത് തന്നെ അനുഭവം അനുഭൂതി എന്നെല്ലാം പറയുന്നതന്നെ ഇവിടെ ഒരു ജീവന്റെ തലത്ത് നിന്നും കൊണ്ട് ജീവന്റെ ഒരവസ്ഥാ വിശേഷത്തെ കുറിച്ച് പറയുകയാണ് അതിലൊന്നും ഒരിക്കലും പരമാത്മാവിനെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതൊന്നും പരിശുദ്ധമായും പൂർണമായും നിലനിൽക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു സാക്ഷാത്കാരമെന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞു പരിമിതപ്പെട്ടത് പിന്നെ അപൂർണമാവും പരിച്ഛിന്നമാവും അതൊരിക്കലും അതിന് സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് അത് വിഷയമാകുന്നില്ല അത് അവിഷയമാണ് എന്നെല്ലാം അതിനെ കുറിച്ച് പറയുന്നു യെ മതം തസ്യ മതം എന്നെല്ലാം ഉപനിഷത്തിൽ പറയുന്നു അതിൻ്റെ താല്പര്യം അത് അത് തന്നെ ഇവിടെയും പറയുന്നു അതിനുള്ളിൽ വെച്ചുകൊണ്ടും ഇവിടെ പറയാണ് അതിൻ്റെ തേജസ് അതിനു ഉപസംഹരിക്കൂ നിന്നിലേക്ക് തന്നെ നിന്റെ ആ രശ്മികളെ നിന്നിൽ നിന്ന് മാറ്റൂ രശ്മി അത് പ്രകാശത്തെ കുറിച്ച് തേജസ് അത് അതിൻ്റെ ചൂടിനെ കുറിച്ച് പറയും ഇത് രണ്ടു അങ്ങോട്ട് അടുക്കാൻ തടസ്സപ്പെടുത്തുന്നു അതിന്റെ പ്രകാശവും അതിൻ്റെ ഉഷ്ണവും സൂര്യൻ്റെ ഇത് രണ്ടുമുണ്ട് പ്രകാശം എന്ന് പറയുന്നത് അടുത്ത് ചെല്ലുമ്പം പ്രകാശം കണ്ണു തുറന്ന് കണ്ണിന് അതിനെ നോക്കാൻ കഴിയാതെ കണ്ണിനെ അടപ്പിക്കുന്നതിൻ്റെ പ്രകാശം അതിൻ്റെ തേജസ്സാണെങ്കിലോ കണ്ണിനെ നശിപ്പിച്ചുകളും ഭരിച്ചുകളും രണ്ടു തരത്തിലും അത് അങ്ങോട്ട് അടുക്കാൻ അനുവദിക്കുന്നില്ല അതുപോലെയാണ് ഈ പരമാത്മ സത്യവും അതിനെ ഉൾക്കൊള്ളുന്നതിന് നമ്മുടെ ഈ കർണങ്ങളൊന്നും തന്നെ പര്യാപ്തമല്ല അതുകൊണ്ടതിന് കഴിയുന്നത്ര അടുക്കാൻ സഹായിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൂടെ മാർഗയാചന എന്ന് പറയുന്നത് അതിനെ സമീപിക്കുന്നതിനുള്ള മാർഗം വഴി അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആ വഴിയൊന്ന് ശരിയാക്കാൻ പറയുക യത്ത് തവ രൂപം കല്യാണതമം അടുത്ത് പറയുന്നത് അത്യന്തശോഭനം തത്ത്തെ തവാത്മന പ്രസാദാത് പശ്യാമി അതാണ് അടുത്ത് പറയുന്നത് യത്ത് രൂപം കല്യാണതമം തത് തേ പശ്യാമി അതിന് വ്യാഖ്യാനിക്കുകയാണ് േ തവരൂപം നിന്റെസ്വരൂപം കല്യാണതമം പറയുന്നു അത്യന്തശോഭനം ഐശ്വരന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് അത്യന്തശോഭനമാണ് കാരണം അത് ആനന്ദ സ്വരൂപം എന്നാണ് അനർവചനീയമായ നിരധിശയമായ ആനന്ദ സ്വരൂപം എന്നാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നത് ആത്മനഹ പ്രസാദ അങ്ങയുടെ പ്രസാദം കൊണ്ട് അനുഗ്രഹം കൊണ്ട് അഹം പശ്യാമി ഞാൻ കാണാം ഞാൻ കാണട്ടെ എന്നാണ് പശ്യാമി എന്ന് വെച്ചാൽ കാണട്ടെ എന്നാണ് കണ്ടിട്ട് പ്രാർത്ഥിക്കില്ല കാണട്ടെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങയുടെ ആ അത്യന്തശോഭനമായിരിക്കുന്ന ആനന്ദ സ്വരൂപത്തെ ഞാൻ കാണട്ടെ എങ്ങനെ തപപ്രസാദാ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അതിൻ്റെ ഒരു സാമീക്യം ഉണ്ടാകത്തുള്ളൂ ഒരു ഏകദേശ ദർശനം ഈശ്വര ദർശനം അത് സാധ്യമാകും എന്നാണ് അങ്ങനെ ഈശ്വരന്റെ ഏകദേശ ദർശനം അല്ലെങ്കിൽ ഒരു വിദൂര ദർശനം എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള അവകാശം തനിക്ക് എന്താണ് അതാണ് അടുത്ത് പറയുന്നത് കിഞ്ച മാത്രമല്ല അഹംനതു ത്വാം ഭൃത്യവത് ഭാഷികാരം പറയാണ് ഞാൻ നിന്നോട് അഹം ത്വാം നിന്നോട് ഭർത്തിനെ പോലെ യാചിക്കുന്നില്ല തനിക്ക് അർഹതയില്ലാത്ത ഒന്നിന് അങ്ങയുടെ കാരണ്യം കൊണ്ട് മാത്രം എനിക്ക് തരണം എന്ന് യാചിക്കുകയല്ല മറിച്ച് എന്താണ് യോ അസൗ അസൗ പുരുഷ യോ അസൗ ആദിത്യമണ്ഡലസ്ഥോ വ്യാകൃത്യവയവ പുരുഷ ആ പുരുഷൻ എന്ന് പറയുന്നു ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആദിത്യ മണ്ഡലസ്ഥൻ ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ആ പുരുഷൻ അത് പറയുന്നു വ്യാഹൃത്യവയവ വ്യാഹൃതികളാകുന്ന അവയവത്തോടു കൂടി ഇവൻ ഭൂർഭുവ സ്വ ഇതിനാണ് വ്യാഹൃതികൾ എന്ന് പറയുന്നത് മഹാവ്യാഹൃതികൾ എന്ന് പറയുന്നു ഭൂർ ഭുവ സ്വ അതിനെ കുറിച്ച് ഉപനിഷത്തുകളിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഭൂശിരഹ ആ ഭൂർലോകം എന്ന് പറയുന്നത് എന്താണ് ആ ഹിരണ്യഗർഭന്റെ ശിരസ്സാണ് ഭുവ ഭാവു ബാഹു ഭുവ ഭൂർലോകം എന്ന് പറയുന്നതിന്റെ ബാഹുക്കളാണ് സ്വഹ അതിന്റെ പ്രതിഷ്ഠ പാദങ്ങളാണ് എന്നും മറ്റും പറയുന്നുണ്ട് ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തെ ധരിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് ഹിരണ്യഗർഭൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ഭൂർലോകം ഭൂർലോകം സ്വർലോകം അതെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ് അവയവങ്ങളാണ് നമ്മുന്നുണ്ടോ ഭൂർലോകം ഭൂ അതിൽ ഒരു അക്ഷരം വേണം അതുകൊണ്ട് ഏകമായ അക്ഷിരസ് അതാണത് ഭൂഹ രണ്ടക്ഷരമുണ്ട് അതുകൊണ്ടത് രണ്ട് ബാഹുക്കളാണ് സ്വഹ അതിലും രണ്ടക്ഷരമുണ്ട് അതുകൊണ്ട് രണ്ട് പാദങ്ങളാണെന്നെല്ലാം പറഞ്ഞ് ശ്രുതിയിൽ തന്നെ ഇത് വ്യാഖ്യാനിക്കുന്നു വേദത്തിൽ തന്നെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഈ ഭൂർഭു സ്വ എന്ന് പറയുന്ന ഈ മൂന്നും ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ് ആ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ മൂന്ന് ശബ്ദങ്ങൾ എങ്ങനെ ഒന്നിന്റെ ഭാഗമായിരിക്കുന്നു അതുപോലെ ഏകനായിരിക്കുന്ന ഹിരണ്യഗർഭന്റെ ഭാഗങ്ങളാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തെ ആളാണ് എന്നല്ല വ്യാഖ്യാനിക്കുന്നുണ്ട് അതിനിടെ ഭാഷ്യകാരം സൂചിപ്പിക്കുകയാണ് വ്യാഹൃതി അവയവ വ്യാഹൃതിയാകുന്ന അവയവങ്ങളോടുകൂടിയിരിക്കുന്ന ആ പുരുഷൻ അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസൗ പുരുഷ ഈ ആദിത്യ മണ്ഡലത്തിൽ കാണുന്ന പുരുഷൻ പുരുഷൻ എന്തോ എന്തുകൊണ്ട് പറയുന്നു പുരുഷാകാരത്വ ഈ പുരുഷനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ശ്രുതി തന്നെ പറയും എന്താണ് അയാൾ ആ പുരുഷന് സുവർണമയമായ താടികളുണ്ട് എന്നാണ് അതായത് സൂര്യനിൽ നിന്നും ജ്വലിക്കുന്ന ആ കിരണങ്ങൾ അതെന്താണ് ചെമ്പിച്ച താടി പോലെ ഒരു കവിയുടെ ഭാവനയില് കൃഷി വർണ്ണിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വർണ്ണിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പുരുഷഭാവം വരുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഭാവം താടിയും മുടിയൊക്കെയുള്ള ഒരാൾ ഹിരണ്യ്മശ്രൂർ എന്നെല്ലാം അതുകൊണ്ടാണ് പറഞ്ഞ പുരുഷാകാരത്വ പുരുഷാകാരമായി തന്നെ അതിന് കല്പിക്കുക സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു അതിന് കേവലമായ ചൈതന്യരൂപത്തിനോ ഒരു മനുഷ്യന്റെ ആകാരത്തിനോ അതിനെ സങ്കല്പിക്കാം അങ്ങനെ സങ്കല്പിക്കുന്നുണ്ട് പറഞ്ഞു പുരുഷാകാരം ഉള്ളതുകൊണ്ട് അതിനെ പുരുഷനെന്ന് വിളിക്കാം മനുഷ്യന്റെ ആകാരം ഈ ഭൂമിയിലെ മനുഷ്യന്റെ ആകാരം തന്നെ അതിന് കല്പിക്കാം അങ്ങനെ കല്പിച്ച് പറയുന്നുണ്ട് എന്തിനങ്ങനെ കല്പിക്കുന്നു ഉപാസനയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടി ഉപാസകന് അതിനുപാസിക്കുന്നതിന് ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതിന് പുരുഷ രൂപം കല്പിക്കുന്നത് ആ രൂപത്തിൽ അതിന് ധ്യാനിക്കാം അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പുരുഷൻ എന്ന് പറയാം അല്ലെങ്കിൽ പൂർണം വ അന പ്രാണബുദ്ധി ആത്മന ജഗത് സമസ്തം പൂർണം അനേന എന്നും വ്യാഖ്യാനിക്കാം അനേന പൂർണം സമസ്തം ജഗത്ത് ഇതിനാൽ ഈ ജഗത്ത് പൂർണ്ണമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുരുഷൻ എന്ന് പറയും പുരുഷൻ സാധാരണ നമ്മൾ പറയുന്ന അർത്ഥത്തിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത് പക്ഷേ ഇവിടെ ആണ് എന്നുള്ള അർത്ഥത്തിലല്ല പുരുഷൻ എന്നുവെച്ചാൽ ഒന്ന് ആദ്യം പറഞ്ഞു മനുഷ്യാകാരം ആകാരത്തിൽ രണ്ട് പറയുകയാണെങ്കിൽ എന്താണ് സമസ്ത പൂർണമായിരിക്കുന്നു എങ്ങനെ സമസ്ത ജഗത്തും പൂർണ്ണമായിരിക്കുന്നു പ്രാണബുദ്ധിയാണ് പ്രാണൻ ബുദ്ധി തുടങ്ങിയ സൂക്ഷ്മ ഉപാധികളോടുകൂടി ഇരിക്കുന്നയാളാണ് ഹിരണ്യഗർഭൻ ഹിരണ്ഗർഭന്റെ ഉപാധിയായി പറയുന്നു പ്രാണൻ ബുദ്ധിമുതനായ വേണം സ്ഥൂല ശരീരമാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ അതിന് വിരാട് പുരുഷൻ എന്ന് പറയുന്നു സൂക്ഷ്മമായ ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ അതിനെ തന്നെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു എന്താ ഒന്ന് തന്നെ പല ഉപാധികളെ കല്പിച്ച് പലതായി പറയുന്ന പ്രാണൻ ബുദ്ധി തുടങ്ങിയ സൂക്ഷ്മമായ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് സർവ സ്ഥൂലഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൻ അതാണ് പ്രാണബുദ്ധിയാത്മന പ്രാണബുദ്ധി രൂപത്തിൽ ജഗത്സമസ്തം സർവജഗത്തും വ്യാപിച്ചിരിക്കുന്ന അതുകൊണ്ട് പുരുഷൻ അപ്പൊ പുരുഷ ശബ്ദത്തിന്റെ മറ്റൊരു വിത്പത്തി അങ്ങനെയാണ് പൂർണ്ണം അനേന അതിനാൽ പൂർണമായിരിക്കുന്നു സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്നറിയുന്നു ഇനി മറ്റൊരു വ്യാഖ്യാനം പറയുന്നു പുരി സേനാദ്വാരുഷ പുരി ഈ പുരിയിൽ ഈ പട്ടണത്തിൽ നഗരത്തിൽ നവദ്വാരെ പുരി ദേഹി എന്നെല്ലാം പറയുന്നു അപ്പൊ ഈ പുരി എന്ന് പറയുന്നത് ഈ ശരീരം ഈ ശരീരത്തിൽ ശയിക്കുന്നു ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പുരുഷൻ അപ്പൊ പുരുഷ ശബ്ദത്തിന്റെ വിത്പത്തിയാണ് ഈ പറഞ്ഞത് അതാണ് അസോ അസോ പുരുഷ പുരുഷൻ ആദിത്യ ആ പുരുഷൻ അതാരാണ് സോ അഹമസ്മി സഹാ പുരുഷൻ അഹമസ്മി ഭവാമി ഞാൻ തന്നെ ആദിത്യ മണ്ഡലത്തിലിരിക്കുന്ന ആ പുരുഷൻ അത് തന്നെയാണ് ഞാൻ എന്നിലും നിന്നിലും ഇരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നിന്റെ ഒരു ഭൃത്യൻ എന്നുള്ള നിലയ്ക്ക് അനർഹമായ ഒന്നിനെ ഞാൻ യാചിക്കുകയല്ല ആണ് പറഞ്ഞത് ഒരു ഭൃത്യനെ പോലെ ഞാൻ യാചിക്കുകയല്ല മറിച്ച് എന്നിലും നിന്നിലും ഇരിക്കുന്ന ചൈതന്യം ഒന്നു തന്നെ അതുകൊണ്ട് ഞാൻ ജീവഭാവത്തിലായിപ്പോയി നീശ്വരഭാവത്തിലിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് നിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അത്യന്തശോഭനമായിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന ആ രൂപത്തെ എനിക്ക് കാണണം അതിന് തടസ്സമായിരിക്കുന്നത് നിന്റെ തന്നെ തേജസ്സാണ് അതിനെ സമീപിക്കുന്നതിനുള്ള ശേഷി സാമർഥ്യം പ്രാഗല്ഭ്യമൊന്നും എനിക്കില്ല കാരണം ഞാൻ ജീവ അവസ്ഥയിൽ നീശ്വരാവസ്ഥയിലിരിക്കുന്നു രണ്ടു ഒന്നാണെങ്കിൽ അതുകൊണ്ട് എന്റെ ഒരു അവകാശമാണ് അതിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലൂടെ അടുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സത്യ ബോധത്തോടു കൂടി സാധകൻ സത്യത്തെ സമീപിക്കുകയാണ് സത്യത്തെ സമീപിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ സത്യത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നവന് സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം വേണം സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധത്തോടു കൂടി വേണം സത്യത്തെ സമീപിക്കാൻ ശ്രമിക്കേണ്ടത് അപ്പം സത്യത്തെ സമീപിക്കാനുള്ള ശ്രമം അതിനാണ് നമ്മൾ സാധന എന്ന് പറയുന്നത് അപ്പം ശരിയായ സാധന എന്ന് പറയുന്നത് ശരിയായ ഈശ്വരബോധത്തോടു കൂടിയുള്ളതായിരിക്കണം ആ ശരിയായിട്ടുള്ള ഈശ്വരബോധം എന്ന് പറയുന്നത് എന്താണ് പരമാർത്ഥത്തിൽ ആ തത്വവും തന്റെ ഉള്ളിലിരിക്കുന്ന തത്വവും ഒന്ന് തന്നെ അതിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഏതൊരു സാധനയും അത് അപൂർണമാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈശ്വരനെ അന്യനായി കാണുന്നു അത് അപേക്ഷിച്ച് താൻ അല്പമാണ് തുണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കൊണ്ട് അന്യൻ എന്നതുപോലെ ആ ഈശ്വരനോട് മാർഗയാചന നടത്തുകയാണ് ഇതെല്ലാം ചെയ്യുമ്പോഴും അതിന്റെ പരമാർത്ഥ സത്യത്തെ വിസ്മരിക്കുന്നതിന് എന്താണ് അസൗ അസൗ സോഹമസ്മി നിന്നിലിരിക്കുന്ന ആ ചൈതന്യം അതുതന്നെയാണ് എന്നിലിരിക്കുന്ന വ്യത്യാസമില്ല പരമാർത്ഥത്തിൽ വ്യത്യാസമില്ല വ്യവഹാരത്തിൽ വ്യത്യാസമുണ്ട് ഇവിടെ താൻ സാധകനായും ഈശ്വരൻ സാധ്യമായും നിൽക്കുന്നു അത് ഈ വ്യവഹാരത്തിൽ വരുന്ന വ്യത്യാസമാണ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ആ വ്യത്യാസമില്ല എന്നുള്ള ആ പരമാർത്ഥത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേണം അപ്പം ഇവിടെ ഇപ്പം പ്രാർത്ഥിക്കുന്നത് ദ്വൈതഭാവത്തിലാണ് ദ്വൈതഭാവത്തിലാണ് സാധന അനുഷ്ഠിക്കുന്നത് അതെല്ലാം ചെയ്യുമ്പോഴും എന്താണ് പരമാർത്ഥ സത്യത്തെ വിസ്മരിക്കുന്നില്ല അതിനെ സ്മരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു ആ പരമാർത്ഥ സത്യത്തിന്റെ അനുഭവത്തിനൊന്നും ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് ചെയ്യേണ്ട ആവശ്യം പക്ഷെ അതിനെ സ്മരിച്ചുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് ഇവിടെ പറയുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ജ്ഞാനത്തോടു കൂടി പറയുകയാണ് ഇവിടെ പ്രാർത്ഥന അപ്പോൾ ദ്വൈതാവസ്ഥയിലും അദ്വൈത ഭാവന ഉണ്ടായിരിക്കണം എന്നിവിടെ സൂചിപ്പിക്കേണ്ട അതിനുവേണ്ടിയിട്ട് രണ്ടിനെയും ഇവിടെ സമീപിച്ച് കാണിച്ചിരിക്കുകയാണ് എങ്ങനെ ദ്വൈതഭാവത്തിൽ നിന്നുകൊണ്ട് സാധന അനുഷ്ഠിക്കണം അതേ സമയത്തിൽ എങ്ങനെ അദ്വൈത ഭാവന പുലർത്തണം നിലനിർത്തണം അതിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നു വളരെ വ്യക്തമായിട്ട് പിന്നെ അതിൻ്റെ അർത്ഥം പറയാം പോഷൻ ജഗത്തിനു പോഷിപ്പിക്കുന്നവനെ ഏകർഷി ഏകനായി സഞ്ചരിക്കുന്നവനെ യമ സർവത്തെയും നിയന്ത്രിക്കുന്നവനെ സൂര്യ ഇന്ദ്രിയങ്ങളെയും രസങ്ങളെയും സ്വീകരിക്കുന്നവനെ പ്രജാപതിയുടെ സന്ധാനമേ അല്ലെങ്കിൽ പ്രജാപതിയുടെ ഉപാധിയായിരിക്കുന്നവനെ രശ്മീൻ വ്യൂഹ നിന്റെ പ്രകാശകിരണങ്ങളെ മാറ്റൂ തേജ സമൂഹ നിന്റെ തേജസ്സിന് ിക്കുന്ന ആ ചോടിനെ സമൂഹ നിന്നിലേക്കുപസംഹരിക്കൂത്ത് ഏതൊന്നാണോ നിന്റെ കല്യാണതമം രൂപം അത്യന്തശോഭനമായിരിക്കുന്ന ആനന്ദമയമായിരിക്കുന്ന ആ സ്വരൂപം അതിനെ തേ നിന്റെ കൃപയാൽ പശ്യാമി ഞാൻ കാണട്ടെ അസൗ പുരുഷ അസൗ എന്ന് പറയുന്ന ആവർത്തിച്ചിരിക്കുകയാണ് അവിടെ കാണുന്ന ആ പുരുഷൻ ആദിത്യമണ്ഡലത്തിൽ കാണുന്ന ആ പുരുഷൻ സഹ അവൻ അഹമസ്മി ഞാൻ തന്നെ അപ്പം ഈ രണ്ട് മന്ത്രങ്ങളും വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് ഉപാസകൻ സദാ ചൊല്ലുന്നതും അവസാന സമയത്ത് അതുകൊണ്ട് തന്നെ അവസാന സമയം ചൊല്ലുന്നതാണ് സദാ ചൊല്ലിയാലേ അവസാനം ചെല്ലാൻ പറ്റും അതുകൊണ്ടുതന്നെ അവസാനം മരണസമയത്ത് ചൊല്ലുന്നതുമാണ് അപ്പം ഈ പ്രാർത്ഥനയുടെ ഫലമായി ആ അനുഗ്രഹം കൊണ്ട് ആ ജീവന് ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു മരണശേഷം എന്നെച്ച ഉത്തരായണ മാർഗത്തിലൂടെ അവന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത് അടുത്ത മന്ത്രം വായു അനിലം വായുഹു അനിലം അമൃതം അധ സ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര കമര കൃത് സ്മര ിലമൃതമേദം ഭസ്മാന്തം ശരീരം ഓം കൃതോസ്മര കൃതം സ്മര സ്മര കൃതം സ്മര അത് ആദ്യത്തത് ക്രതോന്നാണ് രണ്ടാമത്തത് കൃതം ആണ് ആദ്യത്തെ വെച്ചിരിക്കുമ്പോൾ ക്ര എന്നും രണ്ടാമത്തെ വച്ചിരിക്കുമ്പോൾ ക്ര എന്ന് വിചാരിക്കുന്നു ഉച്ചാരണത്തിന് രണ്ടും കൃതോസ്മര കൃതം സ്മര എന്നും അതായത് ആദ്യം കാർന്നിരിക്കുന്ന രായാണ് രേ ഫോൺ മൂലം രണ്ടാമത്തേത് കായോട് കൂടി ചേർന്നിരിക്കുന്ന സ്വരം ഏറെ കാരമാണ് അപ്പോൾ രണ്ടും ഉച്ചരിക്കുന്നതിന് വ്യത്യാസമാണ് ഒന്ന് ക്രതോ രണ്ടാമത്തേത് കൃത്തം വ്യത്യാസമുണ്ട് ഇപ്പൊ കഴിഞ്ഞ മന്ത്രത്തിന്റെ വ്യാഖ്യാനം പൂർത്തിയാക്കിയിട്ട് അതിനോട് ചേർന്നു വരുന്ന അതിന്റെ ഭാഗമായൊരു ഭാഗത്തോടെ പറയണു ഇപ്പോൾ മമ മനുഷ്യ വായു പ്രാണു അധ്യാത്മ പരിച്ഛേദം ഹിത്വ അതിദൈവതാത്മാനം സർവാത്മകം അനിലം അമൃതം സൂത്രാത്മാനം പ്രതിപദ്താം ഇതിവാക്യശേഷ പ്രാർത്ഥിച്ചല്ലോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന പറയുന്നു ഇതാനും മരിക്കാൻ പോകുന്നവൻ മനുഷ്യ മനുഷ്യൻ മരിക്കാൻ പോവുകയാണ് ഇപ്പൊ മരിച്ചെല്ലാം മരിക്കുന്ന പ്രാർത്ഥിക്കുകയാണ് ഭാവിയിൽ ഉടനെ തന്നെ സമീപഭാവിയിൽ മരിക്കാൻ പോവുകയാണ് അവനാണിത് പ്രാർത്ഥിക്കുന്നത് ഇത് മരിക്കാൻ പോകുന്നവനും പ്രാർത്ഥിക്കാം മരിക്കാൻ കിടക്കുന്നവരുടെ അടുത്ത് നിന്നും പ്രാർത്ഥിക്കാം ഈ മന്ത്രം കാരണം സ്വയം പ്രാർത്ഥിക്കുന്നതിന് ശേഷിയില്ലാതെ വരുമ്പോൾ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് മരിക്കാൻ പോകുന്നയാളിന്റെ മനസ്സിൽ പതി അതുകൊണ്ട് മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് പോയി ഈ മന്ത്രങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കാരണം മനസ്സിൽ ഇത് പതിയട്ടെ എന്ന് കരുതാണ് ഉച്ചരിക്കാൻ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മരണ വരും അതുകൊണ്ട് പറയുന്നു മമ മനുഷ്യ ഇവിടെ എന്താണ് ഈ സാധകൻ അറിയാൻ താൻ മരിക്കാൻ പോവുകയാണ് മനസ്സിന് താർഢ്യമുണ്ട് ഉപാസനമുണ്ട് അതുകൊണ്ടയാൾ പറയുന്നത് എന്താണ് മരിക്കാൻ പോകുന്ന എന്റെ വായു അതായത് പ്രാണൻ എന്റെ പ്രാണൻ ഇവിടെ പറയുന്നു വായു പ്രാണൻ അധ്യാത്മ പരിച്ഛേദം ഹിത്വം അധ്യാത്മ പരിച്ഛേദം ശരീരപരിച്ഛേദം ഈ ശരീരത്തിന്റേതായ പരിച്ഛേദം പരിമിതി അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പം എന്താണ് സംഭവിക്കുന്നത് ഈ ശരീരത്തിൽ എന്റെ പ്രാണൻ ഇതുവരെ പരിമിതനായിരുന്നു അത് വിട്ടിട്ട് അതി ദൈവതാത്മാനം ദേവതാസ്വരൂപം ഹിരണ്യഗർഭസ്വരൂപം ഹിരണ്യഗർഭന്റെ ഉപാധിയായിരിക്കുന്ന സമഷ്ടിപ്രാണം അതാണ് അതിദൈവതാത്മാനം സർവാത്മകം സർവസ്വരൂപമായിരിക്കുന്ന ആ ഹിരണ്യഗർഭനും പ്രാണനാകുന്ന ഉപാധിയുള്ളത് സമഷ്ടിപ്രാണൻ ഇവിടെ സാധകനും പ്രാണനെന്ന് പറയുന്ന ഒരുപാധമുണ്ട് അത് വെഷ്ടിപ്രാണൻ ആ വെഷ്ടിപ്രാണൻ ഈ ശരീരപരിച്ഛേദത്തെ വിട്ടിട്ട് ആ ഹിരണ്യഗർഭ പ്രാണനോട് ഏകീഭവിക്കുന്നു അതാണ് അതിദൈവതാത്മാനം സർവാത്മകം സർവസ്വരൂപമായിരിക്കുന്ന അനിലം അനിടം അമൃതം അനിടം അമൃതം അതിനെ വേഖ്യാനിക്കണം സൂത്രാത്മാ ഹിരണ്യഗർഭനാണ് സൂത്രാത്മാവെന്ന് പറയും ഹിരണ്യഗർഭന്റെ ഉപാധിയായിരിക്കുന്ന ആ സമഷ്ടിപ്രാണൻ അതിന് പ്രതിബദ്ധ്യത പ്രാപിക്കട്ടെ ഇതിവാക്കിയ ശേഷം പ്രതിബദ്ധ്യത ചേർത്തോ അപ്പൊ ഇവിടെ കഴിഞ്ഞ് വന്ന പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ട് വരുന്ന പ്രാർത്ഥനയാണ് അധ യാ മരിക്കാൻ പോവുകയാണ് ഇനി വായു അനിലം അമൃതം പ്രതിബദ്ധ്യത എന്ന് വ്യാഖ്യാനിക്കുകയാണ് ഇനി എന്റെ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഈ പ്രാണൻ ആഹരണി ഗർഭിന്റെ ഉപാധിയായിരിക്കുന്ന ആ പ്രാണനോട് ഏകീഭവിക്കട്ടെ ഒന്നായിത്തീരട്ടെ അപ്പൊ ഈ ശരീരം വിട്ടിട്ട് ഈ പ്രാണൻ സഞ്ചരിക്കുന്നു ഇതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് ഈ ശരീരം വിട്ട് ഈ പ്രാണൻ പോകുന്നു വേറെ എവിടെയൊക്കെയോ പോകുന്നു എന്ന് സൂചിപ്പിക്കും ശരീരം വിട്ട് പ്രാണൻ പോകുന്നു എന്ന് പറയുമ്പം അവിടെ എന്താണ് വ്യക്തമാകുന്നത് അവിടെ സദ്യോമുക്തി സംഭവിക്കുന്നില്ല ക്രമമുക്തിക്ക് വേണ്ടി ഈ പ്രാണൻ സഞ്ചരിക്കുകയാണ് അതാണ് അടുത്ത് പറയുന്നത് ലിങ്കഞ്ചൈതം ഇത് അടയാളമാണ് എന്തിന് ജ്ഞാനകർമ്മ സംസ്കൃതം ജ്ഞാനകർമ്മങ്ങളെക്കൊണ്ട് ജ്ഞാനം എന്ന് വെച്ചാൽ ഉപാസന കർമ്മം നേരത്തെ പറഞ്ഞാണ് വിദ്യയെന്നു അവിദ്യ എന്നും പറയും അപ്പൊ ആ ഉപാസനാ കർമ്മ താൽ സംസ്കരിക്കപ്പെട്ടവൻ സംസ്കരിക്കപ്പെട്ട ആ ജീവൻ ഉത്ക്രമിക്കുന്നു അതിനുക്രമണമുണ്ട് എന്ന് വെച്ചാൽ ഈ ശരീരം വിട്ട് ഊർജ്ജ ലോകങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഇതാണ് അടയാളമായിരിക്കേണ്ടത് നമുക്ക് പ്രമാണമായിരിക്കേണ്ടത് ഇതി ദൃഷ്ടമെന്ന് മനസ്സിലാക്കണം ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വാസകനാണ് ജ്ഞാനകർമ്മ സമുച്ചയം അനുഷ്ഠിച്ച ആളാണ് മരണശേഷം ആ ശരീരത്തിൽ നിന്നും ആ ജീവൻ ആ ശരീരം വിട്ട് ്രഹ്മലോകത്തേക്ക് പോകുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ അത് വ്യക്തമായി പറയുന്നുണ്ട് മാർഗയാചന സാമർഥ്യം ഇവിടെ മാർഗത്തെ വഴിയെ യാചിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എന്നെ ശരിയായ മാർഗത്തിലൂടെ നടത്തണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇവിടെ എല്ലാം അവസാനിക്കുന്നില്ല ഇനിയും ഇതിന്റെ ബാക്കി ശേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് വീണ്ടും പറയുന്നു അധ ഇതം ശരീരം അഗ്നോഹുതം ഭസ്മാം ഭൂയ ഈ ശരീരം അഗ്നോഹുതം അഗ്നിയിലേക്ക് സമർപ്പിക്കപ്പെട്ടതായ ശരീരം ഭസ്മാന്തം ഭൂയ ഇത് ഭസ്മാന്തമായി തീരട്ടെ ഈ ശരീരം അങ്ങ് നശിക്കട്ടെ എന്നർത്ഥം അന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ കുറിച്ച് ഇനി എനിക്ക് ചിന്തയില്ല ഈ ശരീരത്തോടെനിക്ക് മമതയൊന്നുമില്ല ആ മമതയെ നശിച്ചു കഴിഞ്ഞു ശരീരത്തിന്റെ നാശത്തെ ആരും ആഗ്രഹിക്കുന്ന കാരണം ശരീരത്തിന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് ജീവൻ നിലനിൽക്കുന്നതെന്നാണ് ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആണ് ശരീരം നാശത്തെ ആഗ്രഹിക്കുക നശിച്ചു പോകുന്നു കരുതുന്നുണ്ട് ഇവിടെ ഉപാസകനാ ബോധം ഉണ്ടായി എന്നാണ് താൻ ശരീരത്തിനൊന്നും അന്യനാണ് അതുകൊണ്ട് ഈ ശരീരം വെന്ത് വെണ്ണീറായിക്കൊള്ളട്ടെ ഭുതം ഭസ്മാന്തം ഭൂയാ എനിക്കതിന് യാതൊരു പ്രയാസവും ഇന്ന ശരീരത്തോട് യാതൊരു മമതയും ശരീരത്തിലെ അഹന്തയും എന്നാ ശരീരത്തിന്റെ നിസ്സാരതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ശരീരനാശത്തെ അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് യാതൊരു വ്യാകുലതയും ഇല്ലാതെ കാരണം മരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മനുഷ്യന് വ്യാകുലത ഉണ്ടാവും താൻ നശിക്കുന്നു മരണത്തെ വളരെ ഭയപ്പാടോടുകൂടി വ്യാകുലതയോടുകൂടിയാണ് ഒരുവൻ സ്വീകരിക്കുന്നത് പക്ഷെ ഇവിടെ സാധനനെ സംബന്ധിച്ചിടത്തോളം എന്താണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് ഇത് നശിച്ചോട്ടെ ഭസ് വാങ്ങിക്കൊള്ളട്ടെ താൻ ഇതുകൊണ്ട് നശിക്കുന്നില്ല എന്നിവിടെ ഇതാണ് ശരിയായ സാധനയുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിന് ആ ദാഢ്യത ഉണ്ടാവും മനസ്സിന് ഉണ്ടാവണമെങ്കിൽ അയാളുടെ സാധന കൊണ്ട് മനസ്സിന് അങ്ങനുള്ള ശുദ്ധയും ഏകാഗ്രതിയും ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുള്ളവന് മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള മനസ്സിന്റെ ദാർഢ്യമുണ്ടാവും അല്ലെങ്കിൽ അവസാന സമയത്ത് മനസ്സ് പതറിപ്പൂണ്ടാവത്തില്ല ഈ പറയുന്ന ശരിയായ ഈശ്വര ബോധത്തോടുകൂടി ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് മാത്രമേ ശരിയായ മാർഗം എന്ന് പറയുമ്പോൾ ഇവിടെ ശാസ്ത്രത്തിന് നിർദ്ദേശിക്കുന്ന വ്യക്തമായ മാർഗങ്ങൾ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മാത്രമേ അവസാനം ഈ പറയുന്ന തരത്തിലുള്ള ദൃഢത മനസ്സിലുണ്ടാവും ഒരു ചോദ്യം ഉണ്ട് അതും ഇതിനെ സംബന്ധിച്ചാണ് ചിത്തശുദ്ധിയും ചിത്യേകാഗ്രതയും ഒന്നാണ് ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും പറയുന്നത് ഇത് ഒന്നേ അധികം ഒന്നേ രണ്ട് എന്നിടത്ത് കാണിക്കത്തക്ക രണ്ട് കാര്യങ്ങളല്ല ഒരേ അന്ധക്കരണത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെറിയ വ്യത്യാസം പറയാം എന്നുള്ളതോ രണ്ടും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളല്ല ചിത്തശുദ്ധി എന്ന് പറയുന്നത് ചിത്ര ഏകാഗ്രത എന്ന് പറയുന്നത് മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷാദികളില്ലാതിരിക്കുക ചിത്ത ഏകാഗ്രത എന്ന് പറയുന്നതിന് നമ്മളിപ്പോ പറയുന്ന മനോദാർഢ്യം ആ അനുചിത്ത ഏകാഗ്രത എന്ന് പറയുന്നത് അങ്ങനെ ദാർഢ്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു മനസ്സിന് എവിടെയെങ്കിലും ആ ജീവന്റെ ഇച്ഛ അനുസരിച്ച് ഒരു വിഷയത്തെ നിർത്താനുള്ള കഴിവ് ഒരു വിഷയത്തെ ഉറപ്പിക്കാനുള്ള കഴിവ് അതിനാണ് ചിത്ത ഏകാഗ്രത ചിത്രദാർഢ്യം എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടും ഒരുമിച്ച് തന്നെ വരുന്ന കാര്യങ്ങളാണ് ചിത്തശുദ്ധി വരുമ്പോൾ സ്വാഭാവികമായും ചിത്തത്തിന് ഏകാഗ്രതയും വരും പരസ്പര സാപേക്ഷങ്ങളാണ് കാരണം ചിത്തശുദ്ധിക്ക് വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ചിത്തത്തിന് ഏകാഗ്രത വേണം ചിത്രത്തിന് ഏകാഗ്രത ഇല്ലാത്തവന് ചിത്രത്തിന് ദാർഢ്യമുണ്ടാകത്തില്ല ചിത്രദാർഢ്യം ഉണ്ടാകില്ലെങ്കിൽ അയാൾക്ക് സാധനാ മാർഗത്തിൽ തുടർച്ചയായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നറിയാം ചിത്ത ഏകാഗ്രത ഇല്ലാത്തതുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇന്നു മുതൽ രാവിലെ അഞ്ചുമണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിത്ര ദാർഢ്യമുള്ളവനെ അത് നാളെ അതുപോലെ എണീക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇന്ന് അഞ്ചുമണി നാളെ ആറുമണിയാകും ദാർഢ്യമുണ്ട് ചിത്രത്തിന് അതിനുള്ള ശുദ്ധിയുണ്ടെന്ന് പറയാം കാരണം അതൊരു അതിനൊരു ശുഭേച്ഛണ്ട് ആ അങ്ങനെ കൃത്യമായി ഒന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വരും അത് ചിത്രത്തിന്റെ ശുദ്ധിയുടെ ലക്ഷണമാണ് പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അവിടെ ഏകാഗ്രത ദാർഢ്യമില്ല എന്നുള്ളത് വ്യത്യാസമത് വിട്ടുപോകും അപ്പോ ഇത് രണ്ടും പരസ്പര സാപേക്ഷങ്ങളാണ് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു രണ്ടിന്റെയും ഫലം നമുക്ക് രണ്ടു തരത്തിൽ കാണും ചിത്തശുദ്ധിയുടെ ഫലം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ചിത്തത്തിന്റെ ശാന്തി ചിത്തസമാധാനം അതിന്റെ ഫലമാണ് ചിത്ര ഏകാഗ്രതയുടെ ഫലം നമുക്കറിയാം അതിന്റെ ഉറപ്പ് അതിന്റെ ദൃഢത ഒരു കാര്യത്തിൽ മനസ്സ് വച്ചാൽ അത് അവിടെ തന്നെ നിൽക്കുക ഒരു നിശ്ചയം മനസ്സിലെടുത്തു കഴിഞ്ഞാൽ ആ നിശ്ചയത്തിനനുസരിച്ച് തന്നെ പോവുക അത് ഏകാഗ്രതയുടെ ഫലമാണ് അതായത് മനസ്സ് വാസന പ്രേരിതമായി ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം വാസനയാണ് അപ്പം ആ വാസന അവിടെ സദ്വാസന വളർത്തി മനസ്സിനെ തനിക്കിഷ്ടപ്പെട്ട വിഷയത്തെ നിർത്താൻ കഴിയുക താൻ ആഗ്രഹിക്കുന്ന വിഷയം അതിന് അതിന് പ്രേരകമായിരിക്കുള്ള വാസന വളർന്നുകിത്തദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് ധ്യാനവും മറ്റും പരിശീലിക്കുന്നത് ചിത്തദാർഢ്യത്തിന് വേണ്ടിയിട്ട് കർമ്മയോഗം കൊണ്ട് ചിത്തത്തിന്റെ ശുദ്ധിയും യോഗപരിശീലനം കൊണ്ട് ചിത്രത്തിന്റെ ദാർഢ്യവും ദേവത ഉപാസന കൊണ്ട് ഇതിന്റെ രണ്ടിനു വേണ്ടിയിട്ടുള്ള ദേവതാനുഗ്രഹവും ഇത് മൂന്നും ഒരാൾക്ക് ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വലിയ ഭാഗ്യവാനാണ് ഒരേ സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പതിന് ഇത് മൂന്നും നമ്മുടെ ശാസ്ത്രസമ്മതവും ഗുരുക്കന്മാർ നിർദ്ദേശിക്കുന്നതുമായ ഉപായങ്ങളാണ് ദേവത ഉപാസന യോഗ പരിശീലനം കർമ്മയോഗ അനുഷ്ഠാനം ഇത് മൂന്നും കൊണ്ട് സംസ്കരിക്കപ്പെടുന്ന മനസ്സ് അതിലാണ് ശ്രവണമനന നിത്യാസങ്ങളിലൂടെ ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് കർമ്മയോഗത്തിന്റെയും ധ്യാന ജപാതി ഉപാസനയുടെയും ഫലം അത് ഇന്നിടയെല്ലാം ഫലം ആത്യന്തികമായിട്ട് ഒന്ന് തന്നെ എന്നാലും നമുക്ക് വേർതിരിച്ച് കാണിക്കാം എങ്ങനെ കർമ്മയോഗത്തിന്റെ ഫലമായി വരുന്നു ചിത്തശുദ്ധി ം അതിന്റെ ഫലമായി വരുന്നുാഗ്രത ഉപാസന അതിന്റെ ഫലമായി വരുന്നു ദേവത അനുഗ്രഹം ഏതിനെയാണോ നമ്മൾ ഉപാസിക്കുന്നത് അതിന്റെ അനുഗ്രഹം അപ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം എന്നുവെച്ചാൽ അത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളല്ലെന്നും മനസ്സിലാക്കണം കാരണം ഇതെല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് അതുകൊണ്ട് ഇവയെ തമ്മിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇല്ല ഇത് നമ്മൾ മുമ്പ് പലതവണയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത്തരം അന്ധക്കരണ വിഭാഗം പരിഭാഗം ഉള്ള ഒരു സാധകന് മാത്രമേ ഇതെല്ലാം തന്റെ ജീവിതത്തെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ തരത്തിൽ അവസാന സമയത്ത് സ്വയം മാർഗയാചന പ്രാർത്ഥിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരൂ അതുകൊണ്ട് അവസാന സമയത്ത് ആരെയും അടുത്ത് നിർത്താൻ ശ്രമിക്കരുത് സ്വയം പ്രാർത്ഥിക്കണമെങ്കിൽ ഈ പറയുന്ന ഇതെല്ലാം വരണം അങ്ങനെയാണ് ഇവിടെ ഈ സാധകൻ പ്രാർത്ഥിക്കുന്നത് അത് ജ്ഞാനകർമ്മ സമുച്ചയം ജ്ഞാനകർമ്മങ്ങളെ ജ്ഞാനൊന്നിച്ച ഉപാസനാ കർമ്മങ്ങളെ സമുച്ചയിച്ചനുഷ്ഠിച്ച് അതിന്റെ ഫലത്തെ ആ ജീവിതാന്ത്യത്തിൽ നേടിയ ഒരാളുടെ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇത് തുടർന്നുള്ള ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും